നമുക്ക് ചുറ്റുമുള്ള പാർശ്വത്കരിക്കപ്പെട്ട ജീവിതാവസ്ഥകളുടെ നേർക്കാഴ്ചകളുമായി സ്വാഗതം ചില സാധ്യതകൾ കണ്ടെത്തുന്ന മനുഷ്യർക്കാണ് ജീവിതത്തില് വിജയം കിട്ടിയിട്ടുള്ളത് നല്ല ഉദാഹരണം ക്രിസ്തു ക്രിസ്തുവിന്റെ കയ്യിൽ കിട്ടിയ സാധ്യതയായിരുന്നു കുരിശ് ആ സാധ്യതയെ അവൻ പൂർണമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ലോകമറിയപ്പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫിഗർ ആയിട്ട് തീർന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ളതൊക്കെ സാധ്യതകളാണ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എല്ലാം ഓപ്പർച്യൂണിറ്റീസുകളാണ് അത് ഒരു പ്രാവശ്യം മുൻപിലേക്ക് വരുന്ന ഹെറാക്ലീറ്റസിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ ഫിലോസഫറായ ഹെറാക്ലീറ്റസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ മാത്രം എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒഴുകുന്ന പുഴ പോലെയാണ് നിന്റെ ജീവിതം ഒരിക്കൽ മാത്രമാണ് ആ പുഴയിൽ ഒരു വട്ടം കാല് ഊത്താൻ പറ്റുള്ളൂ പിന്നെ സെയിം പുഴയിലേക്ക് സെയിം ലഗ് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പിന്നെ വേറെ വെള്ളമാണ് വേറെ സാഹചര്യമാണ് അപ്പൊ ഒരു സാധ്യത നിന്റെ മുമ്പിൽ തെളിയുമ്പോൾ ആ സാധ്യതയെ എത്രത്തോളം എടുത്ത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ജീവിതം വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത് അനന്തമായ സാധ്യതയുടെ ഒരവസ്ഥ ഈ സാധ്യതയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ ഈ സാധ്യതകളെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുണ്ട് ആത്മഹത്യ പ്രവണതയിലേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ എൻ്റെ ജീവിതം മടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സാധ്യതകളെ നമ്മൾ കൂുമ്പോടു കൂടെ തല്ലി ജീവിതം എന്ന് പറയുന്ന വളർന്നു വലുതാവേണ്ട പന്തലിക്കേണ്ട നല്ല വൃക്ഷത്തിന്റെ സാധ്യതകളാണ് നമ്മൾ തളർത്തി കളയുന്നത് അങ്ങനെ സാധ്യതകള് കണ്ടെത്താനാണ് വിശുദ്ധരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമുള്ള വിശുദ്ധം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊ പുള്ളിക്കാരൻ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അതായത് അതിനുള്ളൊരു സാധ്യതയെ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് ഇത് ജൂണിപ്പർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പൊ ജൂണിപ്പർ വന്നിട്ട് ഫ്രാൻസിസ് അസിസിയുടെ അടുത്ത് പറഞ്ഞു അലയോ ഫ്രാൻസിസേ സഹോദര എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാന്ന് തോന്നുക ഒരു സാധ്യതയില്ലാത്ത ഒരാളാന്ന് തോന്നുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലൊക്കെ പറഞ്ഞു നിൽക്കുക ഇപ്പൊ ഫ്രാൻസിസ് അസിസി പറഞ്ഞു ആരാ പറഞ്ഞ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് എന്താ അറിയുക പറഞ്ഞു ഞാനിങ്ങനെ ചെറിയ ലൊട്ടിലുടുക്ക് വിദ്യകളൊക്കെ കാണിച്ചിരുന്നുണ്ടായിരുന്ന ഒരു മാജിഷനെ പോലെയൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ഒരു ഒരു ഒന്നിനും കൊള്ളാത്തൊരാളാണ് അപ്പൊ ഇങ്ങനെ ജൂണിപ്പറിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞേ അത് എൻ്റെ മുൻപിലുള്ള സാധ്യതയല്ലേ നീ ഒരു കാര്യം ചെയ്യേ ഈശോയുടെ ക്രൂശിതിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഈശോടെ അടുത്ത് നീ ഈ എന്താണോ ചെയ്യാറുണ്ടായിരുന്നത് അത് കാണിക്കുക പ്രാർത്ഥിക്കാൻ അറിഞ്ഞില്ലെങ്കിലും സാരി നിനക്ക് അറിയുന്ന സാധ്യത നീ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുമ്പിൽ അവൻ അറിയുന്ന സാധ്യത ഉപയോഗിച്ച് തുടങ്ങാം അവനുപയോഗിച്ച് തുടങ്ങണത് അവൻ പോലും അറിയാത്ത രീതിയിൽ ഈശോയുടെ മുമ്പിൽ ചെറിയ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കും ചെറിയ തമാശകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഈശോയുടെ മുമ്പിൽ പോയിട്ട് ജൂണിപ്പുർ കാണിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ജൂണിപ്പുർ ആടിയ മുടിയും രൂപാന്തരപ്പെടുന്നത് ജൂണിപ്പുർ അങ്ങനെ വന്ന് ഫ്രാൻസിസ് കാലുപിടിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ഉള്ളിലൊക്കെ സാധ്യതയുണ്ടത് നീ തന്നെ കണ്ടെത്തിയതുകൊണ്ട് ഇപ്പൊ സാധ്യതകളുണ്ടെന്ന് ഒരു ആത്മവിശ്വാസത്തോടെ ജീവിക്കുക ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് എൻ്റെ ഉള്ളിലൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നത് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് നമുക്ക് വെട്ടം നൽകിയ തോമസ് ആൽവൈഡിസൺ തോമസ് ആൽവൈഡിസന്റെ ജീവിതം നമുക്കറിയാം കുറെ അധികം പരീക്ഷണങ്ങൾ ചെയ്ത ഒരാളാ അതൊരു ദിവസം മനസ്സിലാവാണ് ഒരു ദിവസം ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ശരിയായി നിക്കണോന്ന് തോന്നണ സമയത്ത് രാത്രി എല്ലാം കൂട്ടിക്കഴിഞ്ഞ് പാതിരയ്ക്ക് നോക്കുമ്പോഴാണ് അത് മുഴുവൻ ഇങ്ങനെ കത്തിപ്പോവാ സ്ഥാപനം മുഴുവൻ ഇത്ര നാള് പരീക്ഷിച്ച കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ കത്തിപ്പോയി നിരാശപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് കാണുന്നത് എല്ലാവരും ഊടിപ്പോയിട്ട് വിളിച്ചു തോമസ് ആൽവഡിസാ നിന്റെ ജീവിതം തീർന്നു നിന്റെ പരീക്ഷണശാല മുഴുവൻ കത്തിപ്പോയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഭയങ്കര ചങ്കൂട്ടി നിലവിളിച്ചു വരിക പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിട്ട് അവിടെ നിന്നു എന്നിട്ട് നോക്കുമ്പോ ഇദ്ദേഹം ചെയ്ത പരീക്ഷണങ്ങൾ മുഴുവൻ കത്തിപ്പോണത് കാണാണ് സങ്കടമാണ് വരണ്ടേ പക്ഷെ തോമസ് ആൽവീസിന് ഇങ്ങനെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത സാധ്യതയായിരുന്നു ഇനി വേറൊരു സാധ്യത എനിക്ക് കിട്ടും പിറ്റേ ദിവസം ആ കരിഞ്ഞു പോയ തകർന്നു പോയ അതേ സ്ഥലത്തിരുന്ന് വീണ്ടും ഒരു സാധ്യത അന്വേഷിച്ച് പരീക്ഷണം അങ്ങനെ പരീക്ഷണം ആരംഭിച്ചിട്ടാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുന്നത് ആ വലിയ തോൽവിയുടെ മുമ്പിൽ തോറ്റുപോയിരുന്നെങ്കിൽ തോമസ് ആൽവ ഐഡിസൺ ഇന്നും ലോകം മുഴുവൻ അന്ധകാരത്തിൽ വീണേനെ ഫിലിമിന്റെ അല്ലെങ്കിൽ ബൾബ് കണ്ടുപിടിച്ചേനില്ലേ പുള്ളിക്കാരൻ വന്നയാൾ പറഞ്ഞു തോൽവിയൊക്കെ ഉണ്ട് ജീവിതത്തിൽ പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സാധ്യത ഞാനിനിയും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് സാധ്യത ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള സാധ്യത ഒരുപക്ഷെ പടം വരയ്ക്കാനാവും അല്ലെങ്കിൽ പാട്ട് പാടാനാവും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് കെയർ ചെയ്യാനാവും അതൊരു നേഴ്സിംഗ് ഫീൽഡ് ആവാം ഡോക്ടർ ആവാം എന്താണോ നിനക്കുള്ള കൊച്ചു സാധ്യത നന്നായിട്ട് ചെരുപ്പ് തുന്നാനാവാം നന്നായിട്ട് അടിച്ചു വരാനാവാം നന്നായിട്ട് ഭക്ഷണം വയ്ക്കാനാവാം ആ സാധ്യത നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വാത്സല്യം നമുക്ക് കൃപയാവട്ടെ ആമേ വാത്സല്യം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ